സന്തമന്ത്രപ്നസ്തൈജസ ഉോ ദ്യാത്ര ഉത്കർഷാ ഉഭയവാദ്ഹ വൈ ജാനസന്ധതി സമാനസഭ്രഹ്മവിത് കുലേഭവതി എവം വേദ സ്വപ്നസ്ഥാന തൈജസ് ഓങ്കാരസ്യോപ്ന തൈജസ് ഇതെല്ലാം നമുക്ക് വിശദീകരിച്ചാണ് ജാഗ്രതാണ് ബിശുവിന്റെ നില സ്വപ്നത്തിൽ തൈജസൻ ആണ് സ്വപ്നസ്ഥാന തൈജസാനുഭവം ആർക്കാണുള്ളത് അവനാണ് തൈലസൻ എന്ന് പറയുന്നത് ജാഗ്രത അനുഭവം ആർക്കാണെന്നുള്ളത് അവൻ വിശ്വൻ മാത്ര ഓങ്കാരത്തിന്റെ ദ്വിതീയ മാത്ര ഉം തൈജസ്സനാണ് രണ്ടു തരത്തിലും പാത മാത്രം മനസ്സിലാക്കുന്നു തൈജസ്സനാണ് തൈജസ്സന് ഉകാരമാണ് കാരണം അവിടെ താതാത്മ്യാണ് ഉദ്ദേശിക്കുന്നത് അഭേദമായിട്ട് പറയുന്നു അത് ഒമ്പതാമത്തെ മന്ത്രത്തിലും പറഞ്ഞു വിശ്വനാണ് അകാരം പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടങ്ങനെ പറയുന്നു മുമ്പ് പറഞ്ഞു ഇത് ഉപാസനയാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനത്തിന് അസമർത്ഥരായ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഉപാസന ഒരു സാധനമായിട്ട് നിർദ്ദേശിക്കുകയാണ് ം ഓം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീറുന്നു പക്ഷെ കേൾക്കുന്നവന് അതുകൊണ്ട് വിശേഷതയൊന്നും ഉണ്ടായില്ലെങ്കിൽ അവന് ക്രമമായിട്ട് ആ ഓമിന്റെ താത്പര്യമായിരിക്കുന്ന ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ ഓരോന്നും ഉപകർതിരിച്ച് വിശദീകരിച്ച് പറയുന്നു അല്ലെങ്കിൽ സംഭവിക്കേണ്ടതെല്ലാം ശ്രവണം കൊണ്ട് തന്നെ സംഭവിക്കണം അതെപ്പോഴും മനസ്സിലിരിക്കണെന്താണ് പ്രമാണാന്തരം സാധനാന്തരം വ നമ്പൃക്യം അതൊരിക്കലും മറക്കാൻ പാടും ശ്രവണത്തിൽ തന്നെ സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തപടി ഉപാസനം അതിനാണ് അധികാര ഭേദമൊക്കെ മുമ്പ് പറഞ്ഞത് അതിനുവേണ്ടി ആദ്യം പറഞ്ഞെന്താണ് അകാരമാണ് വിശ്വൻ അകാരം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളതാണ് വിശ്വനും മനസ്സിലാക്കാൻ കാരണം ജാഗ്രത അനുഭവിക്കുന്നവനാണ് വിശ്വൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത അനുഭവിക്കുന്നതെന്ന് അറിയാം ഇതിലെന്താ അകാരമാണ് വിശ്വനെന്ന് പറയാൻ അപ്പൊ അതിലെന്തെങ്കിലും സാദൃശ്യം വേണം ആ സാദൃശ്യം പറഞ്ഞു ഒന്നാദിമത്വം അത് പറഞ്ഞു അകാരം ആദിയാണ് ഇവിടെ വിശ്വൻ ആദ്യാണ് പിന്നെ വ്യാപ്തി മറ്റെന്ന് പറഞ്ഞു അകാരമാണ് സർവത്ര വ്യാപിച്ചിരിക്കുന്നത് സർവവാക് അകാരം വ്യാപിച്ചിരിക്കുന്നു വിശ്വൻ വൈശ്വാന രൂപത്തിൽ സർവത്ര വ്യാപിച്ചിരുന്നു സർവപ്രപഞ്ചവും വൈശ്വാനര് ആണ് വിരാട് എന്ന് പറയുന്നത് ആ പ്രപഞ്ചവും ചൈതന്യവും എല്ലാം ചേർത്താണ് ജാഗരത്തിൽ അങ്ങനൊരു സാമ്യമുണ്ട് സമാനതയുണ്ട് അസമാനതയുള്ളതുകൊണ്ട് അസമാനതയെ ആശ്രയിച്ചുകൊണ്ട് അകാരമാണ് വൈശ്വാനരൻ എന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞു അടുത്ത് ഉകാരത്തിലേക്ക് വരുന്നു ഉകാരമാണ് തൈജസൻ എന്ന് പറയണമെങ്കിൽ എവിടെ എന്തെങ്കിലും സമാനത വേണം അതിനുവേണ്ടി വിശദീകരിക്കുന്നു ഈ വിശദീകരണം ഇല്ലാതെ വന്നാലെന്താ വിശദീകരണം ഇല്ലാതെ വന്നാൽ ഒന്നുകിൽ നമ്മൾ ഗ്രഹിക്കുന്നത് വിപരീതമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രഹിക്കാതെ വരും രണ്ട് ദോഷങ്ങൾ ഈ രണ്ട് ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദീകരിക്കുന്നത് ഒരുവനോട് പറയുന്നത് നീയാണ് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നയാൾ എവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കുന്നവൻ അവന്റെ സംസ്കാരമനുസരിച്ചേ ഗ്രഹിക്കാൻ പറ്റും അവന്റെ സംസ്കാരമനുസരിച്ച് ഗ്രഹിക്കുന്നോണ്ട് പ്രത്യേകിച്ച് വിശേഷത ഒന്നും ഉണ്ടാകത്തുമില്ല മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല വാസ്തവ സ്വരൂപം അവന് ബോധിക്കണമെന്നില്ല വാസ്തവമാണ് പക്ഷെ അവന് ബോധിക്കണമെന്നില്ല അവന് അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് അവൻ എന്തെങ്കിലും ഗ്രഹിക്കാതിരിക്കത്തില്ല ശബ്ദം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായാലോ പറ്റും ആ ബോധം ശരിയായിരിക്കില്ല ഏഴാമത്തെ മന്ത്രം വരെ ശ്രമിച്ചതിന് വേണ്ടിയിട്ടാണ് ശ്രോണത്തിൽ നിന്നാണ് ശരിയായ ബോധം ഉണ്ടാകുന്നത് അവിടെ പിന്നെ സാധനയുടെ ഒന്നും ആവശ്യമില്ല പക്ഷെ അതുണ്ടാകത്തില്ല ഉണ്ടാകുന്നതിന് അവൻ പാത്രമല്ലെങ്കിലങ്ങനെ ഉണ്ടാകും അപ്പൊ അവന് ആത്മാവ് അല്ലെങ്കിൽ താൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള കല്പനകളും ഭാവനകളും എല്ലാം ഉണ്ടാവും അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവന് എന്തൊക്കെയാണോ ഈ ശ്രവണത്തിൽ നിന്നും ആർജിച്ചത് അതിനെല്ലാം നിരാകരിക്കുക അവന്റെ ഭാവനകളെയും സങ്കല്പങ്ങളെയും എല്ലാം നിരാകരിക്കുക മാത്രമല്ല രണ്ടു തരത്തിൽ ഉപാസനയുടെ പ്രത്യേകത അതാണ് വിധി മുഖേനയും നിഷേധമുഖേന തെറ്റായി എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ അതിനെ നിഷേധിക്കുക അതിനാണ് നിഷേധം മുഖേന ബോധിപ്പിക്കുക വിധി മുഖേന ബോധിപ്പിക്കുന്നങ്ങനെ എന്താണോ ശരി അതിനെ ബോധിക്കുക ഇവിടെ ഈ രണ്ടു പ്രയത്നം ആവശ്യമാണ് ശ്രവണത്തിൽ പ്രയത്നത്തിന്റെ ആവശ്യമല്ല തന്റേതായ പ്രയത്നം ഒന്നും ഇവിടെ അവിടെ ആവശ്യമില്ല ഇവിടെ പ്രയത്നം ആവശ്യമാണ് മനസ്സിനെ ഏകാഗ്രമാക്കി ഉള്ള ധ്യാനം ഇവിടെ ആവശ്യമാണ് എന്നാലിത് നിരാകരിക്കാൻ പറ്റും കാരണം ആത്മാവിനെ പല ധാരണകളും വിദ്യാധാരണകൾ വിപരീത ധാരണകളെല്ലാം ആർജിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താണോ താൻ ആർജിച്ചത് അതിനെ നിരാകരിക്കണം ശ്രവണത്തിൽ അതിനെ നിരാകരിക്കുന്നതിന്റെ പ്രയത്നം ആവശ്യമില്ല ശ്രവണം കൊണ്ട് സാധ്യമാകുകയാണെന്നും തന്റെ പക്ഷത്തുനിന്ന് പ്രയത്നമൊന്നും വേണ്ട ഇവിടെ അങ്ങനെയല്ല ധ്യാനമാണ് ഇവിടുത്തെ പ്രയത്നം ഉപാസന ഇവിടെ പ്രയത്നം ആവശ്യമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സിൽ ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ള ഭാവനയെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു അവിടെ ഏകാഗ്രതയോടുകൂടിയ പ്രയത്നം ആവശ്യമാണ് അങ്ങനെ പ്രയത്നിക്കുന്നതിനും മനസ്സിന് പ്രയത്നിക്കുന്നതിനും നിരാലംഭമായി പറ്റത്തില്ല അതിനെന്തെങ്കിലും ഒരു ആലംബം വേണം മനസ്സിന് പിടിച്ചു നിൽക്കാം അതിനാണ് ഓങ്കാരത്തെ നിർദ്ദേശിക്കുന്നത് അതിനെ വിഭേചിച്ച് അകാര ഉകാരം അകാരങ്ങളാക്കി ആലംബനങ്ങളിലൂടെ മനസ്സിനെ ആ തത്വത്തിൽ നടത്തുക അതാണ് ഈ ഉപാസനയുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു മറ്റു മന്ത്രജപങ്ങളും ഉപാസനകളും തമ്മിലുള്ള വ്യത്യാസം മറ്റു മന്ത്രജപങ്ങളും ഉപാസനകളും അതാണോ ശ്രേഷ്ഠം അതേ ഓങ്കാരമാണോ ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ അതിന് നേരിട്ടൊരു ഉത്തരമില്ല എന്തുകൊണ്ടത് വ്യക്തികൾക്കനുസരിച്ചിരിക്കും ഒരാൾ ഏതിനാണോ യോഗ്യനായിരിക്കുന്നത് അയാളെ സംബന്ധിച്ച് അത് ശ്രേഷ്ഠം ഓങ്കാര ഉപാസനയ്ക്ക് ഒരാൾ യോഗ്യനാണെങ്കിൽ തീർച്ചയായും അയാളെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠം മറ്റേതെങ്കിലും ഒരു മന്ത്രജപത്തിനാണ് ഒരാൾ യോഗ്യനെങ്കിൽ അയാളെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠ അതിന്റെ ശ്രേഷ്ഠത ഏതെന്ന് തീരുമാനിക്കുകയല്ല യോഗ്യത തീരുമാനിക്കണം ആരാണ് അധികാരി ആരാണ് ഇതിനധികാരി എന്ന് ചോദ്യം ആർക്കാണോ ഇവിടെ പറയുന്ന തരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്ന അവനധികം അതിന് ഉള്ള മനസാന്നിധ്യം വേണം ആ മനസാന്നിധ്യത്തോടുകൂടി ഇതിനെ അധ്യാനിക്കാൻ കഴിയുന്നത് മനസ്സിന്റെ ഏകാഗ്രത വിടാതെ ഇവിടെ അഭ്യാസം ആന്തരികമായിട്ടാണ് ബാഹ്യമായ ഒരു ആലംബനത്തെയും ഇവിടെ സ്വീകരിക്കുന്നു നമ്മൾ ദേവതോപാസനകളിലും മറ്റും എന്ത് ചെയ്യുന്നു നമ്മൾ ബാഹ്യമായ ആലംബനങ്ങൾ സ്വീകരിക്കും അപ്പത് അത് തന്റെ മാനസിക നില അനുസരിച്ചിട്ടാണ് തന്റെ അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് തന്റെ വാസന സംസ്കാരം രണ്ടാമത് തന്റെ മനസ്സിന്റെ നില എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ശുദ്ധിയും എന്നെല്ലാം പറയും ദേവതോപാസനകളിൽ നമുക്ക് ബാഹ്യമായ ഒരുപാട് ആലംബനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു ബാഹ്യമായ രൂപം വേണം പ്രതിമകളും മറ്റും വേണം ബാഹ്യമായ പൂജാവിധാനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതെന്ന അവിടെ ആവശ്യം ഓങ്കാരോപാസനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാഹ്യമായ യാതൊരു യാതൊന്നിനെയും സ്വീകരിക്കുന്നു ഇത് പറഞ്ഞല്ലോ ഓങ്കാരത്തിന്റെ ശരണത്തൊക്കെ പടം വരച്ചു വെച്ചേക്കെ ഇട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഓങ്കാരോപാസനയാണ് അത് പ്രതിമ ഉപാസന പോലെ ഓങ്കാരത്തിൽ അങ്ങനെ ബാഹ്യമായ ഒരു ആകാരത്തെയും ബാഹ്യമായ ആകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നിനും പ്രതിമാരാധനയിലും മറ്റും എന്ത് ചെയ്യുന്നു നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തെ ആരാധിക്കും അങ്ങനെ നമ്മൾ ആരാധിക്കും ഇവിടെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ മനസ്സിലേക്ക് പോവുകയാണ് ഇവിടെ അങ്ങനെയല്ല ഓങ്കാരത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന യാതൊന്നുമില്ല ഞാൻ വീണ്ടും പറയുന്നത് നമ്മളുടെ നിധിയാണ് ഓങ്കാരം എന്ന് പറഞ്ഞാൽ അതിനെ ധ്യാനിക്കുന്നവരുണ്ട് അതന്നെ ഇവിടെ പറയുന്നത് ഇവിടെ ഓങ്കാരോപാസനെന്താണ് ഒന്ന് ശബ്ദം ശബ്ദത്തെയാണ് ശബ്ദം നമുക്ക് കണ്ണുകൊണ്ട് കാണാമെന്നുള്ള വരച്ചു വച്ചിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല വരച്ചു വച്ചാൽ അത് രൂപമായി പോകും ശബ്ദമാവത്തില്ല ഓമെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലിപിയിൽ എഴുതി കഴിഞ്ഞാൽ അത് രൂപമാവും അതൊരിക്കലും ശബ്ദമാകത്തില്ല ഉപാസന ആയതുകൊണ്ടാണ് അത് പറയുന്നത് ഇവിടെ ഓം എന്ന് പറയുന്ന ശബ്ദം തന്നെ ശബ്ദത്തെന്താണ് ശബ്ദത്തെ ഇവിടെ മനസ്സിൽ ഭാവന ചെയ്യുകയാണ് ശബ്ദത്തെ ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ശബ്ദം നമ്മൾ കേട്ടു കഴിഞ്ഞു അതാണ് ശ്രവണത്ത് ഓമിത്യേക ദക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കേട്ടു കഴിഞ്ഞു ശബ്ദം ശ്രവിച്ചിട്ട് വിശേഷിച്ച് ഫലമൊന്നും ഉണ്ടായി ശരിയുമല്ല എന്തു ചെയ്യുന്നു ഇവിടെ ശബ്ദം ശബ്ദത്തെവിടെ കാണുന്നു മനസ്സിൽ കാണുകയാണ് മനസ്സിൽ എങ്ങനെ കാണുന്നു സ്മരണരൂപത്തിൽ ഓമെന്ന് ശ്രവിച്ച ശബ്ദത്തെ ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിന് സ്മരണരൂപത്തിൽ കാണുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടോ ഉപാസനം സ്മരണം ശ്രവണം ഉച്ചാരണം മൂന്നു തരത്തിലൊരാ ഓങ്കാരത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു ഉപാസകൻ ഉച്ചരിക്കേണ്ട കാര്യമില്ല ഇവിടെ ഉച്ചാരണത്തിനൂടെ പ്രസക്തിയില്ല ശ്രവണത്തിന്റെ ആവശ്യമില്ല അത് കഴിഞ്ഞു പിന്നെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നീക്കുന്നു അത് കേവലം സ്മരണരൂപത്തിൽ സ്മരണ എന്ന് പറയുന്ന ഇവിടെ നീക്കുന്ന ആന്തരികമാണ് അതിന് ബാഹ്യമായ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് കാരണം ബാഹ്യമായൊന്നും കാണേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ കണ്ണു തുറന്നു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ കണ്ണടച്ചിരിക്കുന്നവണ്ണ ദോഷം നമ്മുടെ മുമ്പിൽ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലും കണ്ണുകൊണ്ട് കാണേണ്ടെന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നിരുന്നാലേ പറ്റും ഇവിടെ അതില്ല ഇവിടെ ശബ്ദാത്മ സ്മരണാത്മകമായ ശബ്ദം അതിനനുസന്ധാനം ചെയ്യുന്നു അതിനനുസന്ധാനം ചെയ്യുന്നതിന് ഓം ബ്രഹ്മമാണ് ഓമിത്യ ദക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ബോധം അവിടെ ഉണ്ടാകുന്നില്ല എന്താണോ അവിടെ ഈഷി ഉദ്ദേശിച്ച് ആ ബോധം നമുക്കുണ്ടാകുന്നില്ല അപ്പോൾ ആ ഓമിനെ സ്മരിച്ചുകൊണ്ട് ആ ഓമിനോട് അഭേദമായി എന്താണോ ഇഷി ഉപദേശിച്ചത് അതിനെയും ചിന്തിക്കുന്നു അതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കുകയാണ് ഓമിനെ സ്മരിച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ ചിന്തിക്കുന്നു ആത്മസ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം സ്മരണയാണ് എന്തുകൊണ്ട് വിശ്വൽ അതിനെ സ്മരിക്കേണ്ട ആവശ്യമില്ല അത് സദാ അനുഭവത്തിരിക്കും ഓം അങ്ങനെയാണ് നമ്മൾ സ്മരിക്കുന്നു ഓമിന്റെ അകാരത്തെ സ്മരിക്കുന്നു അത് പ്രത്യക്ഷമാണെന്നേക്ക ശ്രവിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളത് ഉച്ചരിക്കണം ഉച്ചരിക്കുമ്പോൾ നമുക്കത് പ്രത്യക്ഷമായി വരും ഇവിടെ ഉപാസനയിൽ എന്താണ് അവിടെ ഉച്ചാരണമില്ല ശ്രവണമില്ല കേവലം മനനം മാത്രം അകാരത്തെ സ്മരിക്കുന്നു അകാരത്തെ സ്മരിക്കുന്നു വിശ്വനവിടെ പ്രത്യക്ഷമായിരിക്കുന്നു അതാണ് ആ വിശ്വനാണ് അകാരം എന്ന് അഭേദമായി ചിന്തിക്കുന്നു ഈ ഓം എന്തിനാണ് എന്ന് ചിന്തിക്കും ചോദിക്കും ഓമിന്റെ ആവശ്യം എന്തോന്നു സാറിന് ചിന്തിക്കത്തില്ല ഉപാസകന്മാരെ ചിലപ്പോ അങ്ങനെ ഒരു സംശയം വരാം നേരിട്ടങ്ങ് പറഞ്ഞ എന്താണ് വിശ്വൻ തൈജസ്വൻ പ്രാഗ്ഞൻ ഇതാണ് ആത്മാവ് അല്ലെങ്കിൽ ഇതിനപ്പുറം ആത്മാവ് ഓം എന്ന് പറയുന്ന ഒരു ആലംബനത്തിന് എന്തിനു സ്വീകരിക്കണം കാരണാധി പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് ധ്യാനിക്കണമെങ്കിൽ ശബ്ദാത്മകമായേ പറ്റൂ ശബ്ദത്തെ ആശ്രയിക്കാതെ പറ്റത്തില്ല അപ്പോൾ ശബ്ദത്തെ ആശ്രയിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിനൊരു കെട്ടുറപ്പ് വേണം ഒരു ക്രമം വേണം അതിനുവേണ്ടിട്ടാണ് ഏറ്റവും ചെറിയ മാത്രകൾ അകാരം പൂക്കാരം മകാരം ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ മാത്രകൾ അവലംബി ആലംബിച്ചുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നു പ്രയോജനം മനസ്സിന്റെ വിക്ഷേപം കുറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരുപാട് പരത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിനനുസരിച്ച് വിക്ഷിപ്തമായിക്കൊണ്ടിരിക്കും ഇവിടെ എന്താണ് മനസ്സിന്റെ ഏകാഗ്രതയാണ് ആവശ്യം മനസ്സിന്റെ ഏകാഗ്രത എവിടെ സംഭവിക്കണം തന്നിൽ തന്നെ സംഭവിക്കണം അപ്പൊ ഏറ്റവും കുറഞ്ഞ ആലംബനത്തെ സ്വീകരിക്കുക നമ്മളിപ്പോ ദേവതയെ ധ്യാനിക്കുന്നു അപ്പോ ആപാദ ചൂടം ശിരസ് മുതല് പാദം വരെ പാദം മുതല് ശിരസ് വരെ ഇതൊക്കെയാണ് അവിടുത്തെ ധ്യാനക്രമം അപ്പൊ അവിടെ എന്ത് വരുന്നു ചിന്ത വളരെ വിപുലമായി പോകും അവിടെ അത് മതി കാരണം നമ്മൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ദേവതാ സാക്ഷാത്കാരം ദേവതാ അനുഗ്രഹമൊക്കെയാണ് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് സ്വരൂപലാഭമാണ് ആത്മബോധമാണ് ഇവിടെ ആത്മബോധം എന്ന് പറയുമ്പോ എന്താണ് ആത്യന്തികമായ നിരാകാരമാണ് പക്ഷെ നിരാകാരത്തിലേക്ക് മനസ്സിനെ പോകുന്നതിന് എന്തെങ്കിലും ഒരു ആലംബനം വേണം ആലംബനം മിനിമമായിരുന്നോട്ടെ എന്ന് കരുതിട്ടാണ് ഇവിടെ അകാര ഉകാര മകാര ഈ മൂന്നെണ്ണത്തിന് ഇവിടെ അവലംബിക്കുന്നത് വാസോത്തി ഒന്നിനെ അവലംബിക്കുന്നുള്ള ഓം എന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദത്തെ പക്ഷെ ആ ശബ്ദത്തിൽ നിന്നും നമുക്ക് നേരിട്ടങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മനസ്സതിന് സന്നദ്ധമല്ല നമ്മുടെ മനസ്സിനുള്ള ഏകാഗ്രത അതുകൊണ്ട് ആ ഓമെന്നു പറയുന്ന ശബ്ദത്തിന്റെ വീണ്ടും മാതൃകയിലേക്ക് പോകുന്നു കുറച്ചുകൂടെ അതിനെ സൂക്ഷ്മമാക്കുന്നു കുറച്ചുകൂടെ അതിനെ ചെറുതാക്കുന്നു അകാരം ഉകാരം മകാരങ്ങളെന്ന് പറയുന്ന മാത്രകളിൽ കൂടെ ആത്മാവിനെ ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിച്ച് അമാത്ര എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ടാണ് ഓങ്കാരത്തിലൂടെ ഇവിടെ ഇങ്ങനെ ധ്യാനിക്കുന്നു അത് ആ ഓങ്കാരത്തിലൂടെ ിക്കുമ്പത്തന്നെ ഇവിടെ മറ്റൊന്ന് സംശയം വരുന്നത് ആത്മാവാണ് തുര്യൻ തുര്യൻ എന്നങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാ ഇവിടെ ജാഗ്രത് സ്വപ്നം സുഷുക്തി എന്നെല്ലാം ഉള്ള ഈ വളഞ്ഞ വഴിയിലേ പോകുന്നത് വാസ്തവത്തിൽ തുര്യൻ എന്നുള്ളതിനെ നേരിട്ടാണ് ആദ്യം നമ്മളെ ബോധിപ്പിച്ചത് എന്താണ് ഓ മിത്യേ അക്ഷരം തുര്യനെയാണ് ബോധിപ്പിച്ചത് ഓന്നാണ് പക്ഷെ നമ്മൾ ബോധിച്ചില്ല ബോധിക്കാതെ വരുമ്പോ പിന്നെ ബോധിക്കുന്നതിനുള്ള എളുപ്പമാർഗം ഏറ്റവും പരിമിതമായ പ്രയത്നം കൊണ്ടുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്താണ് അതിനെ പിന്നെ ധ്യാനിക്കുക എന്നുള്ളതാണ് അതിനെ ധ്യാനിക്കുന്നതിന് ജാഗ്ര സ്വപ്ന സുഷുതികൾ എന്ന് പറയുന്ന അനുഭവങ്ങളെ അവലംബിച്ചു പോവുക കാരണം പരവുമായി അനുഭവപ്പെടേണ്ടത് സുര്യനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് അപ്പോൾ ജാഗ്രസ്വപ്ന സുഷൃക്തി എന്ന് പറയുന്ന പ്രത്യക്ഷമായിരിക്കുന്നത് ഈ അനുഭവത്തിൽ നിന്ന് അതിനെ തെളിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ അനുഭവങ്ങളിലെല്ലാം അത് അതിനെ അനുഭവത്തിൽ നിന്ന് തന്നെ തെളിച്ചെടുക്കുക അതിനേറ്റവും ചുരുങ്ങിയ പ്രയത്നം ഏറ്റവും ലളിതമായ ഉപായം അതാണ് ഇവിടെ പറയുന്നത് അത് നമ്മുടെ ഈ അനുഭവങ്ങളിൽ നിന്നത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാഗ്രത സ്വപ്ന സുഷിതികളിലൂടെ തുരിയലിലേക്ക് പോകാനിവിടെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഓങ്കാരം എന്ന് പറയുന്ന പ്രതീകത്തിലും ജാഗ്രത സ്വപ്ന സുഷിതി എന്ന് പറയുന്ന അനുഭവത്തിനെയും ആശ്രയിച്ചുള്ള ഈ ഓങ്കാര ഉപാസന ഇത് അതിനുള്ള മാനസിക ഏകാഗ്രതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായൊരു ഭയമാണ് അതിനുള്ള മാനസിക ഏകാഗ്രത ഒരാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്ഥൂലമായ ബഹുർമുഖമായ മറ്റ് ഉപാസനകളൊക്കെ ചെയ്യാം ദേവത ഉപാസനകളും മറ്റൊക്കെ അവിടെയാകാം അത് മുഖ്യമായും ഇരിക്കുന്നത് ആ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ചിട്ടാണ് അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ എന്താണ് സാധാരണ മനസ്സി വരാമെന്നുള്ളതാണ് എന്തിനും ഈ അകാല മകാരങ്ങളിലൂടെ എല്ലാം കടന്നുപോകുന്നു എന്തിനു വിശ്വതൈസപ്രാജ്ഞന്മാരെ കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നു അതിനുള്ള സമാധാനമാണ് ഈ പറഞ്ഞത് അത് ഒരു ഉപായമായതുകൊണ്ടാണ് അത് അനുഭവസിദ്ധമായ കാര്യമായതുകൊണ്ട് ഇവിടെ കേവലമായ ഭാവനയെ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറയുന്നത് കാരണം മറ്റ് ദൈവതോപാസനകളിലൊക്കെ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ഒന്നിനും ഭാവനയെ കാണുക നമ്മുടെ അനുഭവത്തിലില്ല നമുക്ക് സംഘത്തിലത്ര ഗതാധാരിയായ ഒരു രൂപം നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഭാവന കാണാൻ പറ്റും അങ്ങനെ ഭാവനയിലൂടെ കണ്ടിട്ട് അതിനെ ഏതോ ഒരു തരത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കും അതിനുള്ള അഭ്യാസങ്ങളാണ് അവിടെ പറയുക അപ്പൊ അനുഭവം അവിടെ വളരെ വിരത്തിലാണ് അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെ പ്രതീക്ഷിക്കണം ഇവിടെ അങ്ങനെ അല്ല അനുഭവം ഒരിക്കലും അന്യമല്ല തുരിയനുഭവത്തിൽ നിന്ന് നമുക്കൊരിക്കലും വേറിട്ട് നിൽക്കാൻ കഴിയാത്തതാണ് നമുക്ക് അന്യമായ ഒരു അനുഭവത്തിന് ആർജിക്കാനിവിടെ പറയുകയല്ല എന്തുകൊണ്ട് സ്വയം പ്രകാശിക്കുന്ന സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മബോധത്തിൽ നിന്ന് ഒരു ജീവനും വിട്ടുനീക്കാൻ പറ്റത്തില്ല പിന്നെന്താണ് അവിടെ വന്നിരിക്കുന്ന ഭ്രമം വിപരീത ഭാവന അല്ലെങ്കിൽ അതിൽ സംഭവിച്ചിരിക്കുന്ന അജ്ഞാനം എന്നൊക്കെ വിളിക്കുന്ന ഒരു തകരാറ് ആ തകരാറ് പരിഹരിക്കാനാണ് ആവശ്യപ്പെടുന്നത് അപ്പം നമ്മളവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി തന്നെ അനുഭവത്തെ അവലംബമാക്കിക്കൊണ്ടു തന്നെ ഒരു ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത് ആ അനുഭവം എന്ന് പറയുന്നത് എന്താണ് തുര്യന്റെ അനുഭവം നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു തുര്യൻ തന്നെ ജാഗ്രതായിട്ടും സ്വപ്നമായും സുഹൃപ്തിയായിട്ടും മിശ്വനായും തൈസനായും പ്രാജ്ഞനായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടത്തെ ഒരു ശുദ്ധീകരണം നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ് ഇത് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസാന്നിധ്യമുണ്ടെങ്കിൽ ഇത് വളരെ അനായാസമായൊരു കാര്യമാണ് ഇവിടെ പ്രയത്നമുണ്ട് പക്ഷേ പ്രയത്നം ലഘുവായ പ്രയത്നം മതി അപ്പോ ഒരുപാട് തപസ്സുകളെക്കുറിച്ചും ഒരുപാട് സമാധികളെക്കുറിച്ചും വളരെ തീവ്രമായ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നതോ അതാവശ്യമാണെന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അത് ആവശ്യമാണെന്നുള്ളവർക്കതാകാം ഇവിടെ അതല്ല നിർദ്ദേശിക്കുന്നത് ഇവിടെ വളരെ ലളിതമായ ഒരു മാനസിക പ്രക്രിയ ഉപാസന എന്ന് പറയും നിർദ്ദേശിക്കുന്നത് ആ ലാളിത്യത്തെ അനായാസതയെ ഇഷ്ടപ്പെടാത്തവരുണ്ട് അവർക്ക് വേണ്ടി കഠിനമായ മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് തനിക്ക് ഏത് വേണമെന്നുള്ളത് ചിലർ അങ്ങനെയാണല്ലോ ക്ലിഷ്ടതകൾ വൈഷമ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതവർക്ക് സ്വീകരിച്ചേ പറ്റൂ മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ട് കയ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കയ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് മധുരം കൊടുത്താൽ ശരിയാകത്തില്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കയ്പി ശരിയാകത്തില്ല അതുപോലെ അവരുടെ രസാനുഭവത്തിൽ വരുന്ന ഒരു വ്യത്യാസം അതുപോലെയാണ് ഇവിടെ അതുകൊണ്ടിവിടെ വളരെ ചുരുങ്ങിയ ശബ്ദങ്ങളിൽ അത് നിർദ്ദേശിച്ചിരിക്കുകയാണ് വളരെ അനായാസമായിട്ടുള്ള ഒരു ഉപാസനാരീതി ധ്യാനമാർഗം ആവേക്ഷികമായ പ്രയത്നം കുറവാണ് ലളിതവുമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സ്വീകരിക്കേണ്ടത് ഇതിനൊരു ഉപാസനയായി സ്വീകരിക്കേണ്ടത് അതും ഇവിടെ ഇപ്പോൾ ഉപനിഷത്ത് പറയുന്നു ഇവിടെ പറയുന്നത് നമുക്ക് ഇതിനെ പഠിച്ച് മനസിലാക്കിന് വേണ്ടിയിട്ടല്ല ഇവിടെ പറയുന്ന ഇതിനെ നമ്മളൊരു ഉപാസനയായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ധ്യാനമായി സ്വയം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഗവേഷണം നടത്താനോ കണ്ടുപിടിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല പറയുന്നത് എങ്ങനെയോ അതുപോലെ അനുഷ്ഠിക്കുക അതിനുവേണ്ടി പറയുകയാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതും നമ്മളൊരു പഠന വിഷയമാക്കും അത് പഠിച്ച് നമ്മൾക്ക് ഓർമ്മിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ ധരിക്കും ഇത് പഠിച്ച് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് ഇത് മനസ്സിലാക്കി അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പറയുകയാണ് ഓർമ്മിച്ച് വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല അതനുഷ്ഠാനത്തിലല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും മനസ്സിന്റെ ഒരു തലത്തിലിരിക്കും ഇതിവിടെ പറയുന്നത് അനുഷ്ഠിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് മനസ്സിലായാൽ ഇതിന്റെ അനുഷ്ഠാനം വളരെ അനായാസമാണ് ഓങ്കാര ഉപാസനായിട്ട് അകാര വിശ്വന്റെ സാദൃശ്യത്തെ പറഞ്ഞുകൊണ്ട് അകാരമാണ് വിശ്വൻ എന്ന് ചിന്തിക്കുക എന്നാവശ്യപ്പെട്ടു അതുപോലെ ഉകാര തൈജസന്റെ സാദൃശ്യത്തെ പറഞ്ഞുകൊണ്ട് ഉകാരമാണ് തൈജസൻ എന്ന് ധ്യാനിക്കാൻ പറഞ്ഞു കേനുസാമാന്യേന എന്താണ് ഇവിടുത്തെ സാദൃശ്യം സാമാന്യം പറഞ്ഞ സാദൃശ്യം ഉകാരമാണ് തൈജസൻ എന്ന് പറയണമെങ്കിൽ ബന്ധം വേണ്ട വിദ്യാഹ് പറയുന്ന എന്താണ് രണ്ട് സാദൃശ്യങ്ങൾ പറയുന്നു അകാരാ ഉത്കൃഷ്ടകാരത്തെക്കാൾ ഉത്കൃഷ്ടമാണ് ഉകാരം ഉത്കൃഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ലൗകികമായ അർത്ഥം എടുക്കും ശ്രേഷ്ഠമാണ് മഹത്താണ് എന്നൊക്കെയുള്ള അർത്ഥം ഇപ്പൊ ഈ ലോകത്തിൽ കാണുന്ന ഉത്കർഷമല്ല ഇവിടെ പറയുന്നത് ഇവിടെ അതുകൊണ്ട് പറഞ്ഞെന്താണ് ഉത്കൃഷ്ട ഇവ ഉ എന്താണ് ഇവിടുത്തെ ഉത്കർഷ എന്ന് പറയുന്നത് വിശ്വൻ അല്ലെങ്കിൽ വൈശ്വാനരൻ വിശ്വൻ എന്ന് പറയുന്നത് ഇവിടെ വൈശ്വാന ശബ്ദം ഉപയോഗിക്കും അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ വിശ്വൻ നമുക്ക് സദാപ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു വൈശ്വാനൻ അങ്ങനെയാണ് വിശ്വനെന്ന് പറയുന്നത് എന്റെ ജാഗ്രത വൈശ്വാനൻ എന്ന് പറയുന്നത് ഈ സർവ്വ ജാഗ്രതകളെയും ഉൾക്കൊണ്ടു നിൽക്കുന്നതാണ് അതെനിക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ടാണ് വിശ്വനുപോലെ വൈശ്വാനനും പറയുന്നത് അതിനേക്കാൾ ഉത്കൃഷ്ടമാണ് തൈജസൻ അതുകൊണ്ട് അകാരത്തെക്കാൾ ഉത്കൃഷ്ടമാണ് ഉപകാരം എന്ന് പറയുന്നത് കാരണം അകാരം കഴിഞ്ഞാണല്ലോ ഉപകാരം വരുന്നത് ഒന്ന് കഴിഞ്ഞ് രണ്ട് വരുമ്പോൾ നമ്മൾ പറയും ഒന്നിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് രണ്ട് സർവാനുഭവസിദ്ധമായിരിക്കുന്ന ഈ വിശ്വനിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ് സ്ഥൂലം നേരത്തെ പറഞ്ഞെന്താണ് സ്ഥൂലം തർക്കേ വിശ്വം സ്ഥൂലമാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൈജസനാണെങ്കിലോ സൂക്ഷ്മമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥൂലത്തെക്കാൾ ശ്രേഷ്ഠമാണ് സൂക്ഷ്മം അതുകൊണ്ടാണ് ഇവിടെ ഉത്കൃഷ്ടം എന്ന് പറയുന്നത് സ്ഥൂലത്തെക്കാൾ എന്തുകൊണ്ടും സൂക്ഷ്മ ശ്രേഷ്ഠമായിരിക്കുന്നു അതിനെന്താ ശ്രേഷ്ഠത അത് ഈ തുര്യനോട് അടുത്ത് നീക്കുന്നുണ്ട് സ്ഥൂലത്തിലേക്ക് വരുമ്പോൾ എന്തുവരുന്നു അകന്നുപോകും സ്ഥൂലത്തിലേക്ക് വരുമ്പോ എന്തുവരുന്നു ബഹിർമുഖനാകണം സ്ഥൂലതയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം നമ്മൾ ബഹിർമുഖനാകണം ബഹിർമുഖനാകണം പറഞ്ഞാൽ സ്പഷ്ടം കണ്ണു തുറക്കണം ചെവി തുറക്കണം അതാണ് സ്ഥൂലത്തിന്റെ പ്രത്യേകത ബഹിർമുഖനായാലേ സ്ഥൂലത്തെ ഗ്രഹിക്കാൻ പറ്റും വിരാട്ടിനെ ഗ്രഹിക്കണമെങ്കിൽ ബഹിർമുഖനാകണം ബഹിർമുഖനാകാന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സാധാരണഗതിയിൽ ഈ തുര്യനിൽ നിന്നാകന്നുപോകുന്നു സൂക്ഷ്മം എന്ന് പറയുന്നതോ അതിനെ ഗ്രഹിക്കണമെങ്കിലോ അന്തർമുഖനാകണം അന്തർമുഖനാകുമ്പോൾ സംഭവിക്കുന്നു തുര്യനോട് അടുത്തു വരുന്നു ീന പ്രാപിക്കുന്നതിനുള്ള ഉപായമായിട്ടിവിടെ നിർദ്ദേശിക്കുന്ന എന്താണ് അകമുഖത അന്തർമുഖത എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഉപാസന എന്ന് പറയുന്നത് എന്താണ് അതും അകമുഖതയാണ് അതുകൊണ്ടാണ് നമ്മൾ ഉപാസനയ്ക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നത് തത്വജ്ഞാനത്തിന് പ്രകാശിക്കുന്നതിന് കണ്ണടയ്ക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഉപാസനക്ക് കണ്ണടച്ചാലേ പറ്റും കണ്ണു തുറന്നിരുന്ന എന്തായിരിക്കും നമ്മൾ കാണുന്നത് വിരാട്ടിനെ ആയിരിക്കും അവിടെ കൊണ്ട് സംഗതി തീരാനൊക്കത്തില്ല ഹിരണ്യഗർഭനെന്ന് പറയുമ്പോഴോ ആന്തരികമാണ് അവിടെ കണ്ണടച്ചാലേ പറ്റും അന്തർമുഖമായാലേ പറ്റും അന്തർമുഖത എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ഉപാസന അതുതന്നെയാണ് ധ്യാനം അതുകൊണ്ട് തന്നെ എന്തായി അത് തിരുചയനിലേക്ക് അടുപ്പിക്കുന്നു അതുകൊണ്ട് വിശുവിനേക്കാൾ വൈശാരനേക്കാൾ ഉത്കൃഷ്ടമാണ് ഡൈജസൻ ഭരണ്യഗർഭൻ അകാരത്തിൽ നിന്നും ഉകാരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഉപാസകൻ ചിന്തിക്കുന്നത് എന്താണ് ഈ അകാരം ഉകാരത്തിൽ നിന്നും വേറിട്ടല്ല എന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ ഇനി പറയുന്നതാണോ അകാരത്തെ ഉപകാരത്തിൽ ലയിപ്പിക്കണം വിശ്വനെ തൈയസ്സിന് ലയിപ്പിക്കണം എന്ന് പറയുന്നു ആ ലയിപ്പിക്കാന്ന് പറഞ്ഞ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വിശ്വനെ തൈയസ്സിന് ലയിപ്പിക്കുക പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ കാരണത്തിൽ നിന്ന് സൂക്ഷ്മം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഈ രീതിയിൽ ഒരു വരവും തിരിച്ചൊരു ഉണ്ട് സ്ഥൂരത്തിൽ നിന്ന് സൂക്ഷ്മം സൂക്ഷ്മത്തിൽ നിന്ന് കാരണം ഇങ്ങനെ ഇത് വന്നും പോയി വരികയാണ് കാരണം ഉപാധാനമായിട്ടി കാരണമായിരിക്കുന്നു സ്ഥൂലമായി കാണുന്ന ഇത് ഇത് സൂക്ഷ്മത്തിൽ നിന്ന് വേറെ ആകാൻ വഴിയില്ല തന്നെ ൂപാന്തരപ്പെട്ടതാണ് ഈ സ്ഥൂലം അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലം സൂക്ഷ്മം തന്നെയാണ് ഈ സ്ഥൂലം സൂക്ഷ്മത്തിൽ നിന്ന് വേറിട്ടല്ല എന്ന് ധരിക്കണം അതായത് ഈ വിശ്വൻ തൈജസനിൽ നിന്നും വേറിട്ടല്ല തൈജസന്റെ തന്നെ രൂപാന്തരമാണ് ഈ വിശ്വൻ എന്ന് ധരിക്കണം ഉപാസനൻ അങ്ങനെ ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു എന്താണോ ഉപാസന എപ്പോഴാണ് നടക്കുന്നത് ജാഗ്രത്തിന് സ്വപ്നത്തിലല്ല ചെയ്യുന്നു ജാഗ്രത്തില് ഈ വിശ്വൻ സൂക്ഷ്മത്തിലെ ആ തൈസിനും വേറെയല്ല എന്ന് ചിന്തിച്ച് തന്റെ മനസ്സുകൊണ്ട് ആ തൈജസ്സിനോട് ഏകീഭവിക്കുന്നതാണ് വിശ്വനെ തൈജസിനോട് ലയിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ധ്യാനരീതിയാണ് ഈ കാണുന്ന വിരാട് രൂപം അത് ആ സൂക്ഷ്മമായ തൈജസന്റെ പ്രപഞ്ചത്തിൽ നിന്നും വേറെയല്ല എന്ന് മനസ്സിൽ ധ്യാനിക്കുന്നത് കണ്ണടച്ച് ധ്യാനിക്കുന്നു അതിനെന്ന് പറയുന്നത് ഈ വിരാട്ടിനെ ഹിരണ്യഗർഭനോട് ലയിപ്പിക്കുന്നു എന്ന് പറയുന്നു വിശുവിനെ കയ്യസിനോട് ലയിപ്പിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ഇത് ഈ സ്ഥൂലം സൂക്ഷ്മത്തിൽ ലയിക്കണമെങ്കിൽ ഈ സൂക്ഷ്മം സ്ഥൂലത്തെ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെങ്കിൽ അത് ഉത്കൃഷ്ടമായിരിക്കും അതിനേക്കാൾ ഉത്കൃഷ്ടമായിരിക്കണം അടുത്ത് വരുന്ന പ്രാജ്ഞനം എന്നാലേ അത് ലയിക്കത്തുള്ളൂ അടുത്ത് ഭാഷകാരന് ഉദാഹരണവും പറയും പ്രസ്ഥത്തിന്റെയും യവത്തിന്റെ ഒക്കെ ഉദാഹരണം പറയും അപ്പോ വലുതിനെ ചെറുത് ഉൾക്കൊള്ളുന്നു അതുപോലെ സ്ഥൂലത്തെ സൂക്ഷ്മം ഉൾക്കൊള്ളുന്നു സ്ഥൂലത്തെ സൂക്ഷ്മം ഉൾക്കൊള്ളുന്നതിനെയാണ് ലയിപ്പിക്കുക എന്ന് പറയുന്നത് ലയിപ്പിക്കുക എന്ന് പറയുന്നത് കേവലം ചിന്ത കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് ഏകാഗ്രമായ ചിന്തയാണ് ഇവിടുത്തെ ഉപാസന എന്ന് പറയുന്നത് ഏകാഗ്രമായ മനനം അത് തന്നെ ഉപാസന അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് അകാരാത് ഉത്കൃഷ്ടവാര ലൗകികമായ ഉത്കൃഷ്ടത്തെ അല്ല ധരിക്കേണ്ടത് കാർത്തികമായ ഉത്വത്തെ കഴിക്കണം അതിനുവേണ്ടി ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കണം സൂക്ഷ്മം സ്ഥൂലത്തെ ഉൾക്കൊള്ളുന്നു സൂക്ഷ്മത്തിലാണ് സ്ഥൂലം നിലനിൽക്കുന്നത് അത് ഈ വിശ്വന്റെ പ്രപഞ്ചമായാലും ശരി വിശ്വനായാലും ശരി തൈജസന്റെ പ്രപഞ്ചമായാലും ശരി തൈജസനായാലും ശരി അതങ്ങനെ മനസ്സിലാക്കണം തൈജസന്റെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ് നമ്മൾ ജാഗ്രത്തിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ വിതാര വിചാരങ്ങളിലൂടെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മ പ്രപഞ്ചമാണ് അതിന്റെ തന്നെ മറ്റൊരു വിപുലമായ പ്രപഞ്ചമാണ് നമ്മൾ സ്വപ്നത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജാഗ്രതയുടെ സംസ്കാരം കൊണ്ടാണ് വാസന കൊണ്ടാണ് സ്വപ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നത് തൈജസിന്റെ സാന്നിധ്യം ജാഗ്രതത്തിലുമുണ്ട് പക്ഷെ അത് വിശുവിന്റെ ഈ സ്ഥൂലഭാവങ്ങളോട് ചേർന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്കതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ സ്ഥൂലപ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന അനുഭവമാണത് സ്ഥൂലപ്രപഞ്ച അനുഭവത്തിന് ആധാരമായിരിക്കുന്ന അനുഭവം നമ്മുടെ ചിന്താ ലോകമെല്ലാം തൈജസന്റെയാണ് ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് മാത്രമാണ് വിശ്വന്റെ ലോകം ചിന്താ ലോകത്തെ നമ്മൾ ബാഹ്യ ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നതല്ല അത് തൈജസെൻ്റെ പക്ഷെ ഇവിടെ സ്പഷ്ടമല്ല എന്തുകൊണ്ട് ഇവിടെ സ്ഥൂലവും സൂക്ഷ്മവും ചേർന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത് സ്ഥൂലത്തിൽ നിന്ന് നമുക്ക് സൂക്ഷ്മിവിടെ വേർതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്വപ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പ് പറഞ്ഞല്ലോ ഭാഷത്തിൽ പറഞ്ഞു ജാഗ്രത്തിൽ വിശ്വനും തൈജസനും പ്രാജ്ഞനുമുണ്ട് എന്ന് പറഞ്ഞു സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമുണ്ട് എന്ന് പറഞ്ഞു ജാഗ്രതത്തിൽ ഇതെല്ലാം അനുവർത്തിക്കുന്നുവെന്ന് പറഞ്ഞു പക്ഷെ ജാഗ്രതത്തിൽ ഇതിനെ നമുക്ക് വേറെതിരിക്കാൻ വയ്യും സ്വപ്നത്തിൽ അങ്ങനെയല്ല അവിടെ വളരെ സ്പഷ്ടമാണ് തൈജസന്റെ വിക്രിയകളെല്ലാം നമുക്കവിടെ അറിയാം അതുകൊണ്ടാണ് തൈജസന് സ്വപ്നത്തിൽ പ്രാധാന്യം കൊടുത്തു പറയുന്നത് അത് ഈ ജാഗ്രത പോലെയോ അല്ലെങ്കിൽ ജാഗ്രതനെക്കാളും വിപുലമാണ് സ്വപ്നം പോലെ വളരെ വിപുലമായൊരു പ്രപഞ്ചമാണ് പക്ഷെ അവിടെ എല്ലാം സ്പഷ്ടമാണ് ഏത് എങ്ങനെ സ്പഷ്ടം സ്വപ്നത്തിന്റെ വിഷയാനുഭവങ്ങൾ സ്പഷ്ടമല്ല പക്ഷെ സ്വപ്നത്തിലെ സൂക്ഷ്മത നമുക്ക് സ്പഷ്ടമാണ് സ്വപ്നത്തിലെ സൂക്ഷ്മതയാണ് നമ്മൾ അവ്യക്തമായും അനിശ്ചിതമായി ഒക്കെ സ്വപ്നത്തിന്റെ സൂക്ഷ്മതയാണ് അതുകൊണ്ട് ആ സൂക്ഷ്മത നമുക്ക് സ്പഷ്ടമാണ് അവിടെ തൈജസ്വഭാവം സ്പഷ്ടമാണ് തൈജപ്രപഞ്ചം അവിടെ നമുക്ക് സ്പഷ്ടമാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ വ്യക്തമായി ജാഗ്രതയിൽ നിന്ന് വേർതിരിച്ച് സ്വപ്നം എന്ന് വേർതിരിച്ച് നിർത്തുന്നത് കാരണം അത് സ്പഷ്ടമായതുകൊണ്ടാണ് അവിടുത്തെ വിഷയങ്ങളും അനുഭവങ്ങളും അവ്യക്തമാണെങ്കിൽ സ്വപ്നം സ്പഷ്ടമാണ് അത് സൂക്ഷ്മം എന്നുള്ള നിലയ്ക്ക് ജാഗ്രത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് അതുകൊണ്ടിവിടെ ഉപാസനം ധ്യാനിക്കുന്ന എന്താണ് ഈ വിശ്വൻ തന്നെയാണ് തൈജസൻ തൈജസനിൽ നിന്നും വേറിട്ടൊരു വിശ്വനല്ല ഈ അത് തന്നെയാണ് ഹിരണ്യഗർഭൻ ആ ഹിരണ്യഗർഭനിൽ നിന്നും വേറിട്ടൊരു സൂക്ഷ്മത്തിൽ നിന്ന് വേറിട്ടൊരു സ്ഥൂലമില്ല എന്ന് ചിന്തിക്കുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന കാര്യമാണ് അതിനാണിട ഉത് അൌകിക അർത്ഥം ഗ്രഹിക്കാതിരിക്കാനാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ തൈജസ്സിനും ഉത്കൃഷ്ടമാണ് എന്ന് പറയുമ്പോൾ ധരിക്കേണ്ടത് ആ വിശ്വൻ തൈജസ്സിനോട് ഏകീഭവിക്കുന്നു അകാരം ആ ഉപകാരത്തിൽ നിന്നും വേറിട്ടല്ല കാരണം ഇതൊന്നല്ലേ വാസ്തവത്തിലിവിടെ ഓങ്കാരത്തിൽ അകാരം ഉകാരം അകാരങ്ങളെന്ന് പറയുന്ന മൂന്നക്ഷരമൊന്നുമില്ല ഓങ്കാരം ഏക ശബ്ദമാണ് പക്ഷെ ഏകശബ്ദത്തെ ഏകമായും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഏകമായും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മബോധത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതിനെ പിരിക്കുകയാണ് അകാര ഉകാര മകാരങ്ങളെന്ന് പറഞ്ഞു അല്ലാതെ കണക്ക് പോലെയല്ല ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് മൂന്ന് എന്ന് പഠിപ്പിക്കുന്ന പോലെയല്ല ഇവിടെ പറയുന്നു അടുത്ത് സാമാന്യം പറയുന്നു എന്താണോ ഉഭയത്വ അകാര മകാരയോർ മധ്യസ്ഥ തഥാ വിശ്വപ്രാജ്ഞോർ മധ്യേ തേജസ്സ ഉഭയഭക്തസാമാന്യ രണ്ട് സാദൃശ്യങ്ങൾ പറയുകയാണ് ഉകാരവും തേജസ്സിനുമായിട്ട് ഉകാരം മധ്യത്തിൽ വന്നു എല്ലാത്തിന്റെയും തുടക്കം അകാരമാണെന്ന് പറഞ്ഞു എല്ലാത്തിന്റെയും തുടക്കം വിശ്വനാണെന്ന് പറഞ്ഞു എല്ലാത്തിന്റെയും ഒടുക്കം മകാരമാണെന്ന് പറഞ്ഞു എല്ലാത്തിന്റെയും അവസാനം സുഷുപ്തിയാണെന്നും പറഞ്ഞു അതിന്റെ മധ്യത്തിൽ വരുന്നതാണല്ലോ ഉപകാരം ഓങ്കാരത്തിലും അങ്ങനെ ജാഗ്രത സുഷുപ്തികൾക്ക് മധ്യത്തിലാണ് വരുന്നത് നമ്മുടെ അനുഭവം എങ്ങനെയാണ് സ്വപ്നം ജാഗ്രത്തിലിരുന്നുണ്ട് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതേ സാധ്യമാകുന്നു ജാഗ്രതത്തിലാണ് നമ്മുടെ ശാസ്ത്രം ജാഗ്രതയിലാണ് ഗുരു ജാഗ്രതത്തിലാണ് ഉപദേശം ജാഗ്രതാണ് വിചാരം ജാഗ്രതത്തിലാണ് ജ്ഞാനവും അജ്ഞാനവും ഭ്രമവും എല്ലാം ജാഗ്രതയിലാണ് അങ്ങനെ ജാഗ്രതയിലിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണോ നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെ ഈ തേജസിനെ വിശ്വനും പ്രാജ്ഞനും മധ്യത്തിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു അതാണ് ഇതിന്റെ ഒരു സാദൃശ്യം ഏതുമായിട്ടുള്ള ഉപകാരവുമായിട്ടുള്ള ഉപകാരം നമുക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ അകാര മകാരങ്ങൾക്ക് മധ്യത്തിലാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നെന്താണ് അവസാനത്തിലെത്തണമെങ്കിൽ മധ്യം കടന്നുതന്നെ പോകാൻ പറ്റും അകാരത്തിൽ തുടങ്ങി മകാരത്തിലൂകാരത്തിലൂടെ കടന്നു മകാരത്തെ എത്തിച്ചേർന്നു ശ്വനിൽ തുടങ്ങി അതായത് സ്ഥൂലത്തിൽ തുടങ്ങി സൂക്ഷ്മത്തിലൂടെ കാരണത്തിലെത്തിച്ചേരുക ഉപാസ എന്റെ മനസ്സുമുണ്ട് അതിനുവേണ്ടി അതിനെ ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന സ്ഥലത്തെത്തിച്ചേരണം ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്ന സ്ഥലം കടന്ന് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നാണ് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്നത് അതുവിടെ തിരിയൻ എത്താനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് വഴി പറയുമ്പോൾ എങ്ങനെ പറയുന്നു നിങ്ങൾ അകാരത്തിൽ തുടങ്ങി ഉകാരത്തിലൂടെ പോയി മകാരത്തിൽ അവസാനിക്കുക ശേഷിക്കുന്നതാണ് ദുര്യം മകാരത്തിൽ അവസാനിച്ചോളൂ അവിടെ എന്ത് വരുന്നു ഇവിടെ വിശുവിനിൽ തുടങ്ങി തേജസ്സിലൂടെ കടന്ന് പ്രാജനത്തിൽ ചേരുക അപ്പോൾ മധ്യത്തിൽ എന്തായി തേജസ്സിനായി ഒപ്പിക്കുക ഓമിന്റെ മധ്യത്തിനെന്തായി ഉകാരം ഇത് രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട് അങ്ങനെ ഒരു സാദൃശ്യമുള്ളത് കൊണ്ടും ഇവിടെ ധ്യാനിക്കണം ഉകാരമായി തൈജസനെ തൈജസൻ തന്നെയാണ് ഉകാരം അപ്പൊ പറയുന്ന ഒരു ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ തൈജസൻ എന്ന് പറയുന്ന തന്റെ പ്രജ്ഞയെ ധ്യാനിക്കുക അകാരം എന്ന് പറയുന്ന ഒരു ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് വിശ്വനെന്നു പറയുന്ന തന്റെ അനുഭവത്തെ ധ്യാനിക്കുക രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് അകാരമാണ് വിശ്വനെന്ന് മനസ്സിലാക്കുന്നതിന് യത്നം ആവശ്യമില്ല എന്തുകൊണ്ട് അത് സ്ഥൂലമായതുകൊണ്ട് സ്ഥൂലത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് യത്നം ആവശ്യമില്ല സ്ഥൂലം എന്താണ് പ്രകടമായിരിക്കുന്നതിനാണ് നമ്മൾ സ്ഥൂലെന്ന് പറയുന്നത് അത് ഒളിഞ്ഞിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അത് അനുഭവസിദ്ധമാണ് ഉണർന്നിരുന്ന് ചിന്തിക്കുന്നവൻ തന്നെയാണ് വിശ്വം വിശ്വൻ അത് നമുക്ക് അനുഭവസിദ്ധമായ കാര്യമാണ് അകാരമാണ് വിശ്വനെന്ന് ധ്യാനിക്കുന്നതിന് അത് തന്നെ തന്നെ ധ്യാനിക്കുകയാണ് ധാനാണെന്ന് പറയുകയാണ് അത് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ കൈസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഖൈസൻ കുറച്ചുകൂടി സൂക്ഷ്മമാണ് കൈസിനെ നമുക്കൊരു ധാരണ കിട്ടുന്നത് സ്വപ്നത്തെ കുറിച്ച് സ്മരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സ്വപ്നത്തെ കുറിച്ച് സങ്കല്പിക്കുമ്പോഴാണ് അപ്പം മാത്രമേ തയ്യസിനെ കുറിച്ച് നമുക്കൊരു കിട്ടുന്നുള്ളൂ എന്തുകൊണ്ട് അത് കൂടുതൽ സൂക്ഷ്മമായതു എന്നാലും നമുക്ക് അതിനെ സ്മരിക്കാൻ കഴിയുന്നുള്ളൂ എന്താണ് സ്വപ്നസ്ഥനായ പുരുഷൻ സ്വപ്നം കാണുന്നവൻ സ്വപ്നം എന്തുകൊണ്ട് അവ്യക്തമായി പോകുന്നു നേരത്തെ ഞാൻ പറഞ്ഞു സൂക്ഷ്മമായതുകൊണ്ടാണ് സൂക്ഷ്മപ്പോഴും അവ്യക്തമായിരുന്നു പരമാണുവിനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുമോ പറ്റുന്നില്ല എന്തുകൊണ്ട് സൂക്ഷ്മമായതുകൊണ്ട് പരമാണുപോരും എവിടെ നിൽക്കുന്നു സ്ഥൂലത്തിലാണ് നിൽക്കുന്നത് സ്ഥൂലത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മത്തിന്റെ അല്ല അപ്പൊ സൂക്ഷ്മം എന്ന് പറയുന്നതോ അപ്പൊ സ്ഥാനമാണ് സൂക്ഷ്മം എന്ന് പറയുന്നത് അപ്പൊ തന്മാത്രകളുടെ സ്ഥാനത്തേക്കുന്ന നമുക്ക് വ്യക്തമായി ധരിക്കാൻ വയ്യ അതിനപ്പുറം പോകുമ്പോഴോ തീരെ അവ്യക്തമായി പോകുന്നു അതുകൊണ്ടാണ് പ്രാജ്ഞന അവ്യക്തനെന്ന് പറയുന്നത് അപ്പൊ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുന്നതോറും അവ്യക്തമാകുന്നു കാരണത്തിലെത്തുമ്പോൾ പൂർണമായും അവ്യുക്തമായി പോകുന്നു സൃഷ്ടിയെ കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല സൃഷ്ടിയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്മരിക്കാം അല്ലെങ്കിൽ സങ്കല്പിക്കാം ഭാവന ചെയ്യാം പക്ഷേ സ്മരിച്ചാലും ഭാവന ചെയ്താലും അതെന്താണ് പൂർണ്ണമായും അവ്യക്തമാണ് ദേഷ്യവും വ്യക്തതയില്ല ടൈൽസൻ വ്യക്തമാണ് ടൈൽസിനെ നമ്മൾ എന്താണ് എന്തൊക്കെ അവിടെ കണ്ടു എന്തൊക്കെ കേട്ടു എന്തൊക്കെ അനുഭവിച്ചു സന്തോഷിച്ചു ദുഃഖിച്ചു അവിടെ അവ്യക്തമായ ചില സ്മരണകളോട് ബന്ധപ്പെട്ട് ടൈൽസിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു അതുകൊണ്ട് വിശ്വന്റെ ഈ ഭാവന ധ്യാനത്തെക്കാൾ കുറച്ചുകൂടി ക്ലേശകരമാണ് കൈസിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് പക്ഷെ അത് നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നതുകൊണ്ട് അത് അസാധ്യവുമല്ല അസാധ്യമായ കാര്യമല്ല തയ്യസിന്റെ അനുഭവത്തിന് വിഷയമാകും എന്റെ സ്വപ്നത്തിൽ അതുകൊണ്ട് ഈ ജാഗ്രത്തിൽ ഈ വിശ്വന്റെ ഭാവന അനായാസമാണ് അകാരമാണ് വിശ്വനെന്ന് നമുക്ക് അനായാസമായി ധ്യാനിക്കാം അതിന് മനസ്സിന്റെ വലിയൊരു ഏകാഗ്രതയെന്നാവശ്യം ഇക്കാര്യം ബോധിക്കുന്ന ആർക്കും അത് ധ്യാനിക്കാൻ പറ്റും അകാരമാണ് വിശ്വൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ ഉകാരമാണ് കൈജുസൻ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി യത്നം ആവശ്യമാണ് വിഷയം സൂക്ഷ്മമായതുകൊണ്ട് മനസ്സിന് കുറച്ചുകൂടി സൂക്ഷ്മത ആവശ്യമാണ് ഏകാഗ്രമായ മനസ്സിനെ അത് ഉറയ്ക്കത്തുള്ളത് കൊണ്ട് മനസ്സിന് കുറച്ചുകൂടി ഏകാഗ്രതയും അവിടെ ആവശ്യമാണ് അങ്ങനെ മനസ്സ് ഏകാഗ്രതപ്പെടുമ്പോൾ ആ മനസ്സ് എന്ത് ചെയ്യുന്നു അതിന്റെ സ്ഥൂലഭാവങ്ങളെല്ലാം വെടിയുന്നു ഉപേക്ഷിക്കുന്നു കാരണം തൈജസനിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സിന് കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ് ഏകാഗ്രമായി ചിന്തിക്കുന്നു എപ്പോഴാണ് മനസ്സ് ഏകാഗ്രമായി ചിന്തിക്കുന്നത് അതിനപ്പോ സ്ഥൂലത്തെ പിടിഞ്ഞേ പറ്റും സ്ഥൂലത്തെ പിടിയാതെ മനസ്സിന് ഏകാഗ്രമാകാൻ പറ്റത്തില്ല സ്ഥൂലത്തെ പിടിയാതെ മനസ്സ് തന്നെ ഏകാഗ്രമാകുമ്പോഴാണ് സൂക്ഷ്മത്തിലേക്ക് മനസ്സ് ഏകാഗ്രമാകണമെങ്കിൽ എന്ത് ചെയ്യണം മനസ്സ് പിടിഞ്ഞേ പറ്റും സൂക്ഷ്മത്തിനോടടുത്തേ അതാണ് പറഞ്ഞത് എന്താണ് അത് കുറച്ചുകൂടി പ്രയാസമുള്ള കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നു മനസ്സ് തന്നെയാണ് ചെയ്യുന്നത് മനസ്സ് സ്വയം മനസ്സ് ഭാവന ചെയ്യുന്നു ഉപകാരത്തോട് അഭിന്നനായിരിക്കുന്ന തൈജസ്സൻ ആ തൈജസ്സൻ നിന്നും ഭിന്നനല്ല എന്ന് മനസ്സിന് ഏകാഗ്രമായി ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെപ്പറയുന്ന ഇവിടെ എന്താണ് വിശ്വനെ തൈജസ്വനൻ വിലയിപ്പിച്ചു വിശുവിനെ തൈജസ്വനെ വിലയിപ്പിക്കുക പറയുന്ന ആ മാനസിക പ്രക്രിയ ആ ധ്യാനം അതാണ് അതൊന്നാണെന്ന് ആ ഭാവന എത്രമാത്രം ദൃഢമാകുമോ എത്രമാത്രം ഏകാഗ്രമാകുമോ അതിനനുസരിച്ച് ആണവിടെ ലയം എന്ന് പറയുന്നത് ലയനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് അതിനുവേണ്ടി പറയുന്നത് എന്താണ് അത് മധ്യഭാഗമാണ് അവിടെ ധ്യാനം പൂർണ്ണമാകുന്നില്ല വിഷുനിൽ നിന്ന് തുടങ്ങി തൈൽസിനെത്തി നിക്കുന്നതേയാണ് അതുകൊണ്ടത് മദ്യമാണെന്ന് പറയുന്നു ഉഭയ ത്വാർ അവിടെ ഒരു സാദൃശ്യം വരുന്നു ഉകാരവും മധ്യത്തിൽ വന്നു തൈൽസിനും മധ്യത്തിൽ വന്നു ഞാൻ ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത് ഇതുപോലെ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ധരിച്ചളയാലും ഇതിപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് കേൾക്കുന്ന ഒരാൾ ഇതേപോലെ ചിന്തിക്കണമെന്നല്ല അവർക്ക് മനസ്സിലാകുന്ന രീതി ചിന്തിക്കണം അതിന്റെ തത്വത്തെ മനസ്സിലായിക്കണം അതിനു വേണ്ടിട്ടാണ് ഇവിടെ സാമാന്യത്തെ പറയുന്നത് അതായത് ഓരോരോ ഉപാസകനും സ്വീകരിക്കാവുന്ന സാമാന്യങ്ങളിവിടെ നിർദ്ദേശിക്കുന്നു അതിന്റെ ഉപാസന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ചായിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ടുകഴിഞ്ഞാൽ അത് ഉപാസന ആകത്തില്ല അത് കൊണ്ട് നമുക്ക് എന്താ സാധിക്കുന്നത് ഇതിന്റെ സാമാന്യമായ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനേ പറ്റും അപ്പോ നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഉപാസനയുടെ പോരായ്മയല്ല കേട്ടതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല ഓരോരുത്തർക്കും ഇതെങ്ങനെയാണോ ഈ സാമാന്യത്തെ വിടാതെ എങ്ങനെയാണോ ഇതിനെ ചിന്തിക്കാൻ പറ്റുന്നത് അതാണ് അവരവരുടെ ഉപാസന ഉപാസന എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിനിഷ്ഠമായി സാമാന്യ അതാണ് ശ്രുതിയും പറയുന്നു സാമാന്യത്തെക്കുറിച്ച് പറയുന്നു ഇതിൽ സാമാന്യമായ ചില കാര്യങ്ങളുണ്ട് ഇതിൽ ചില പൊതുതത്വങ്ങളുണ്ട് ആ പൊതു ശരിയായി ഗ്രഹിച്ചുകൊണ്ട് അവനവന്റെ രീതി ചിന്തിക്കുക അവനവന്റെ സംസ്കാരമനുസരിച്ച് ചിന്തിക്കുക ഭാവന അതാണ് ഇവിടെ പറയുന്ന ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസന എന്ന് പറയുന്നത് ഒരേ തരത്തിൽ ചിന്തിക്കുന്ന അതേസമയം തത്വത്തെ ഒരുപോലെ തന്നെ അനുഷ്ഠാന രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും വരും ഒരുവന്റെ മനസ്സല്ല വേറൊരുവന്റെ മനസ്സ് ഒരുവന്റെ സംസ്കാരമല്ല വേറൊരാളുടെ സംസ്കാരം അപ്പൊ അതനുസരിച്ച് ആ അഭ്യാസ രീതിയിൽ വ്യത്യാസം പക്ഷെ തത്വഗ്രഹണം ശരിയായിരുന്ന ഇരിക്കണമെന്നുള്ള നിർബന്ധമാണ് അതുകൊണ്ടാണ് സാമാന്യത്തെ ഇവിടെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് വിശ്വഭാവനയ്ക്ക് ശേഷം തൈസ്വഭാവന ചെയ്യുക അത് ചില സാമാന്യങ്ങളുണ്ട് വിദ്വത് ഫലം ഉച്ചയേ വിദ്വാൻ എന്ന് പറയുന്ന ഇവിടെ ആരെയാണ് ഉപാസകൻ ഈ ഭാവന ചെയ്യുന്നവൻ ധ്യാനിക്കുന്നവൻ അവന്റെ ഫലത്തെക്കുറിച്ച് പറയും മുഖ്യമായി പറയുന്നത് അവന്റെ ആന്തരികമായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് എന്താണ് ഉത്കർഷരിഹവയും ജ്ഞാനസന്ധതിയും അവന്റെ ജ്ഞാനക്ക് ഉത്കർഷമുണ്ടാകുന്നു അവന്റെ ചിന്താധാരക്ക് ഉത്കർഷമുണ്ടാകുന്നു അവന്റെ ഭാവനയുടെ ധാരക്ക് ഉത്കർഷം ഉണ്ടാകുന്നു ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏഴാം മന്ത്രത്തിൽ വരെ പഠിച്ച ജ്ഞാനത്തെയല്ല പറയുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ദുപാസിനെ കുറിച്ചാണ് പറയുന്നു ജ്ഞാനത്തിൽ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നുമില്ല ഇവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല പലതവണ പറഞ്ഞു കഴിഞ്ഞു സാധനാന്തരം ജ്ഞാനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് നിർത്തുന്നതോ ഭാവന ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരു അഭ്യാസങ്ങളും ഒരാൾ ജ്ഞാനിയായിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജ്ഞാനത്തെ മനസ്സിൽ സദാ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു വിളക്ക് ഇടാതെ നമ്മൾ അതിന് എന്താണ് മറയെല്ലാം പിടിച്ച് കാറ്റൊന്നും അടിക്കാതെ സൂക്ഷിക്കുന്നതുപോലെ ജ്ഞാനത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനല്ല ഞാൻ പക്ഷെ ഉപാസകൻ അങ്ങനെയല്ല ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉപാസനെ കൈവിടാൻ പാടില്ല അവന്റെ ഭാവനെ കൈവിടാൻ പാടില്ല അവന്റെ ധ്യാനത്തെ കൈവിടാൻ പാടില്ല ഈ ഒരു തലത്തിലേക്ക് എന്താണ് ചിന്ത ഭാവന എല്ലാം സംഭവിക്കുന്ന ഇവിടെ എല്ലാ ആന്തരികമായിട്ടാണ് പറഞ്ഞല്ലോ കേവലം ശബ്ദ സ്മരണയെ ആശ്രയിച്ചു കൊണ്ട് നടക്കുന്ന ഒരു മാനസിക വ്യാപാരമാണ് ഒരു മാനസിക പ്രവർത്തനമാണ് ഉപാസന എന്ന് പറയുന്നത് ഇതിൽ ബാഹ്യമായ യാതൊരു ആലംബനങ്ങളുമില്ല മനസ്സിനുള്ളൊരു നമ്മൾ സാധാരണ പറയുന്ന മനസാന്നിധ്യം വേണം ഞാൻ മനസാന്നിധ്യം എന്ന് പറയുന്നത് എന്താണോ ധാരണ ധ്യാനം തുടങ്ങിയ സാങ്കേതിക ശബ്ദങ്ങൾ ഒഴിവാക്കിയിട്ട് പറയുകയാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും കയറി ഉടക്കും പിന്നെ അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അത് പലയിടത്തും ഉടക്കിയിരിക്കുക അപ്പൊ അതുകൊണ്ട് അത് വിട്ടിട്ട് പറയുകയാണ് നമ്മൾ സാധാരണ പറയുന്ന മനസാന്നിധ്യം എന്ന് മനസ്സിലാക്കിയാകും കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ് ആ മനസാന്നിധ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് വിശ്വിനിൽ നിന്നും അവന്റെ മാനസിക ഭാവനയെ തൈജസനെത്തിക്കാം ആയാസമുള്ള ഒരു കാര്യമല്ല പക്ഷേ അവിടെ നിലനിർത്തുക എന്ന് പറയും അതിന് യത്നം ആവശ്യമാണ് ഇത് ഉപാസന എങ്ങനെയാണ് സംഭവിക്കുന്നത് ിശ്വൻ കൈതസൻ പ്രാഗൻ അതിനപ്പുറം അമാത്രയായ തുരിയൻ ആ തുര്യൻ താൻ തന്നെയാണ് എന്ന് ഭാവന ചെയ്യുന്നതാണ് ഇതൊരു എന്താണ് ദ്രാവിഡ പ്രാണായാമം എന്ന് പറഞ്ഞ ഒരു വളഞ്ഞ വഴിയാണ് നിങ്ങൾ മൂക്കില് നേരെ നിങ്ങളുടെ കൈകൊണ്ട് നേരെ പിടിക്കാം അല്ലെങ്കിൽ കരയിൽ ചെറ്റിയും പിടിക്കാം കരയിൽ ചെറ്റി പിടിക്കുക എന്തുകൊണ്ട് ശ്രുതി ആദ്യം നിങ്ങളെ ബോധിപ്പിച്ചു നീ തുര്യനാണോ ബോധിച്ചില്ല ബോധിച്ചില്ലെങ്കിൽ പിന്നെ വളഞ്ഞു പോവുക അതിനുവേണ്ടിയിട്ട് വീണ്ടും ആദ്യം പോലെ തുടങ്ങുന്നു അല്ലെങ്കിൽ തുര്യൻ ബോധിപ്പിച്ചു ബോധിച്ചു എന്തോ തെറ്റായി ധരിച്ചു തുര്യൻ എന്ന് പറയുന്നത് എന്തോ ഒരു ധരിച്ചു അപ്പൊ ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രാജ്ഞന്മാരിലൂടെ തുര്യനിലെത്തിക്കുന്നു സുര്യന്റെ എത്തിയാലും ഇവിടെ ധ്യാനം എന്ന് പറയുന്ന ആത്മനിഷ്ഠമാകണം അതുകൊണ്ട് പറയുന്നത് അത് നീ തന്നെയാണെന്ന് ബോധിപ്പിക്കുന്നു മനസ്സിൽ ഇങ്ങനെ ഒരാൾ കരുതുന്നു എന്താണ് ആ വിശ്വനായിരിക്കുന്ന ഈ ഭാവം അത് കുറച്ചുകൂടി സൂക്ഷ്മമായ തൈജസ്സനായി അതിനപ്പുറം പ്രാജ്ഞനായി അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അവിടെ ഇതെല്ലാം നിരാകരിക്കപ്പെടുന്നു അവിടുത്തെ സ്വയംപ്രകാശ വസ്തുവാണ് തുരീയൻ എന്ന് ചിന്തിച്ച ആ തുര്യൻ താൻ തന്നെയാണ് എന്ന് ഭാവന ചെയ്യുന്നു പക്ഷെ വിശേഷം സംഭവിക്കുന്നുണ്ടത്രയും കൊണ്ട് ഭാവന തീർന്നു പക്ഷെ ഒന്ന് സംഭവിക്കുന്നുണ്ട് വീണ്ടും ആദ്യം പോലെ തുടങ്ങേണ്ടി വരുന്നു വീണ്ടും വിശ്വതേശ്വപ്രാജ്ഞ തുര്യനിലൂടെ തന്നിന് വരുന്നു ഇതിങ്ങനെ ആവർത്തിക്കുന്നു ഇതാവർത്തിക്കുന്നതിനാണ് നമ്മുടെ ഭാവന എന്ന് പറയുന്നത് ഈ ആവർത്തനങ്ങളിൽ സ്ഥിരമായി ഒരാൾക്ക് നിക്കാൻ കഴിയില്ല ഈ ആവർത്തനങ്ങളിൽ ഒരാള് സ്ഥിരമായി നിൽക്കുന്നതിനും ഇവിടെ ജ്ഞാനസന്ധതി എന്ന് പറയുന്നു ഉത്കർഷിഹവ്ഞാനസന്ധതിയും പറയുന്നു ഈ സ്ഥൂലത്തിൽ നമുക്ക് വിഷയത്തെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ട് സ്ഥൂല വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറിപ്പോ മനസ്സും അതിന്റെ പിറകിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും സൂക്ഷ്മത്തിൽ അങ്ങനെയല്ല മനസ്സിനെ കുറച്ചുകൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അവിടെ പ്രകടമായ ബാഹ്യമായ സ്ഥൂലമായ ഭാവങ്ങളിലല്ല മനസ്സുറപ്പിക്കുന്നത് അവിടെ സൂക്ഷ്മമായ അവ്യക്തമായ അപ്രകടമായ തലത്തിലാണ് മനസ്സുറയ്ക്കുന്നത് അതുകൊണ്ട് മനസ്സിന് പോകാനധികം വിഷയങ്ങളില്ല ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടത്തെ വിഷയങ്ങളെല്ലാം അഭ്യക്തമായിരിക്കും അതുകൊണ്ട് പറയുന്നു ഈ സ്ഥൂലത്തിൽ നിന്നും അതായത് ഈ വിശ്വനിൽ നിന്നും മനസ്സിനെ തൈജസിനേക്ക് മാറ്റിയ മനസ്സിൽ തൈജസിനെ കുറിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനസന്ധതി ഉത്കർഷം വരുന്നു ആ ജ്ഞാനധാര നമ്മുടെ ഉപാസനയ്ക്ക് ദൈർഘ്യം വരുന്നു ഉപാസനയിൽ ഒരാൾ കൂടുതൽ സമീകരിക്കാൻ കഴിയുന്നു അതാണെന്ന് പറയുന്നത് എന്താണ് പുത്തരിഹുവൈ ജ്ഞാനസന്ധതിയും വിജ്ഞാനസന്ധതിയും വർദ്ധയതി വിജ്ഞാനസന്തതി ഉപാസന സന്തതി സന്തതി എന്ന് വെച്ചാൽ ധാര പ്രവാഹം എന്നർത്ഥം അത് വർദ്ധിക്കുന്നു എന്നുവെച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഉപാസനയിലിരിക്കാൻ കഴിയുന്നു നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് ആ ഭാവനയിൽ നമുക്ക് കൂടുതൽ സമയം കുറച്ചിരിക്കാൻ കഴിയുന്നു ഇതാണിതിന്റെ ആന്തരികമായി നമുക്ക് അനുഭവപ്പെടുന്ന ഫലം ഈ ഉപാസനാരീതിയിൽ ബാഹ്യമായി വരുന്ന ഫലങ്ങളോ നേരത്തെ പറഞ്ഞു ബാഹ്യമായി വരുന്ന ഈ ഫലങ്ങളെല്ലാം ഗോണമാണ് ഇത് മുഖ്യമല്ല അർത്ഥവാദമാണ് സ്തുതിപരമായി പറയുന്നതാണ് എന്താണ് സമാന പറഞ്ഞെന്താണ് ഞാൻ സന്ധി സമാന തുല്യസ്ഥ മിത്രപക്ഷസ് ഇവ ശത്രുപക്ഷാമി അപ്രദ്വീ ലോകത്തിൽ നമുക്ക് മിത്രങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് മിത്രമാകുന്നതിന് ഒരു പങ്ക് നമ്മുടെ പക്ഷത്തും ഉണ്ട് എല്ലാവരും മിത്രമാകത്തില്ല അവൻ മിത്രമാകുന്നതിന് വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ആരും ലോകത്ത് നമുക്ക് മിത്രമാകത്തില്ല ഇതൊരു നിയമമാണ് അകാരണമായി മിത്രത്വം സംഭവിക്കത്തില്ലെങ്കിൽ ശത്രുത്വം അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും നമുക്ക് ശത്രുവാകുന്നുണ്ടെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്ന കാര്യവും നമ്മൾ ശത്രുവാകുന്നതിന് വേണ്ടി നമ്മുടെ പക്ഷത്തെന്തെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ശത്രുവാകത്തില്ല പ്രപഞ്ചത്തിന്റെ നിയമം അതാണ് അ കാരണമായി ഒന്നും സംഭവിക്കത്തില്ല പറയുമ്പോൾ പറയും എന്താണ് നമ്മൾ പറയും ഞാൻ അവനെ സ്നേഹിച്ചു അതുകൊണ്ട് അവനെന്നെയും സ്നേഹിക്കുന്നു അവിടെ നമ്മുടെ പങ്കിനെ നമ്മൾ ആദ്യം എടുത്തു കാണിക്കും എന്നുവെച്ചാൽ നമ്മുടെ പങ്കിനെ നമ്മളിവിടെ അംഗീകരിക്കും പക്ഷെ ശത്രുപക്ഷത്ത് വരുമ്പോൾ അങ്ങനെയല്ല ഞാൻ നിരപരാധിയാണ് അവൻ എന്നെ ഉപദ്രവിച്ചു എന്നേ പറയത്തുള്ളൂ പരമാർത്ഥത്തെയല്ല ഞാൻ അവനെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് അവൻ തിരിച്ചു ഉപദ്രവിക്കുന്നത് തന്റെ പാട്ട് അവിടെ ആരും അംഗീകരിക്കത്തില്ല അപ്പോ ഇവിടെ പറയുന്ന എന്താണ് പ്രദേഷ്യം എന്നുവെച്ചാൽ ദേഷ്യത്തിനും വിഷയമാകുക എന്ന് പറയുന്നത് നിരപരാധിയെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നേയില്ല അപരാധമുള്ളതുകൊണ്ടാണ് ആൾക്കാർ അപവാദം പറയുന്നത് അനസ് വാച കർമ്മണ ഒരു അപരാധവും ചെയ്തിട്ടില്ല പക്ഷെ അവിടെ കിടപ്പുണ്ട് എവിടെ കിടപ്പുണ്ടത് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ പറയുന്നത് ഉപാസകനെ കുറിച്ചാണ് ഉപാസകനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാനീ പറഞ്ഞല്ല സാധാരണ മനുഷ്യനെ സംബന്ധിച്ചാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രദേശീയമായിട്ടൊന്നും അവനില്ല പറഞ്ഞല്ലോ സാധാരണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്മയുടെയും തിന്മയുടെയും ലോകത്താണ് ധർമ്മത്തിന്റെ അധർമ്മത്തിന്റെയും ലോകത്തെ നമുക്ക് ജീവിക്കാൻ അങ്ങനെയല്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ സമൂഹത്തിന് അനുകൂലവും പ്രതികൂലം എല്ലാം ഉണ്ടാവും ശത്രുവും മിത്രവും എല്ലാം ഉണ്ടാവും ഉപാസകനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അവൻ പ്രദേഷ്യം ദേഷ്യത്തിന് വിഷയമാകാൻ അവൻ ഇല്ല വന്നു എന്നാലും അവന് ശത്രുവും മിത്രവും കാണും ആണ് സാധാരണക്കാരിൽ നിന്നും ഉപാസകനുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് ദേഷ്യത്തിന് വിഷയമാകാൻ ഒന്നുമില്ലാത്തത് കാരണം അജ്ഞനായ ഒരുവൻ ലോകത്തോട് പ്രതികരിക്കുന്നതുപോലെ അവൻ ഈ ലോകത്തോട് പ്രതികരിക്കുന്നില്ല അവന്റെ ശ്രദ്ധ എവിടെയാണ് അവന്റെ ഉപാസനയിലാണ് തന്റെ ഉപാസനയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവന് ഈ ലോകത്തെ ശ്രദ്ധിക്കാൻ ഉള്ള സമയവും സൗകര്യവും കുറവാണ് ഇപ്പൊ ലോകത്തിന്റെ അനുകൂല പ്രതികൂലതകൾക്കനുസരിച്ച് അവനിൽ അനുകൂല പ്രതികൂല ഭാവങ്ങൾ ഉണ്ടാകുന്നില്ല അവന്റെ മനസ്സവിടെയല്ല ലോകം അതറിയാത്തത് അവന്റെ ചുറ്റും ഒരു മിത്ര നിരയും ഒരു ശത്രു നിരയും നിൽക്കാം അതെങ്ങനെ ശത്രു എങ്ങനെ വരും വരുന്നതിനുള്ള ചാൻസ് അത് ലോകത്തിന്റെ മനസ്സിൽ എന്താണ് എപ്പോഴും ശത്രുവും മിത്രവും ഉണ്ട് ജീവന്റെ മനസ്സിൽ സാധാരണ ജീവന്മാരുടെ മനസ്സിൽ എപ്പോഴും ശത്രു മിത്രവും ഉണ്ട് അതുകൊണ്ട് അവർക്ക് എപ്പോഴും കുറച്ച് ശത്രുക്കളും മിത്രങ്ങളും വേണം അതവരുടെ സംസ്കാരമനുസരിച്ച് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവനീ ലോകത്തെ ശ്രദ്ധിക്കുന്നില്ല അവന് ഒറ്റയാനാണ് അവനവന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ് അവന്റെ അന്തരാത്മാവാണ് അപ്പൊ ലോകത്തോട് അവൻ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ലോകത്തിന് ദേഷിക്കത്തക്കതായി അവനല്ല ഒന്നുമില്ല എന്നാലും ശത്രുക്കൾ നിക്കുന്നു അപ്പൊ ശത്രുക്കൾക്ക് ദേഷിക്കത്തക്കതായി ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതാണ് ഉപാസകന്റെ അവസ്ഥ എന്നാണ് ഇവിടെ പറയുന്നത് എന്നാലും പിന്നെ അവിടെ ശത്രുക്കൾ എങ്ങനെ നിക്കുന്നു അത് പറഞ്ഞല്ലോ അത് ലോകത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒന്ന് കാണും ഇപ്പൊ നമ്മൾ ജീവന്മാരുടെ വികാരങ്ങളനുസരിച്ച് അവരുടെ മനസ്സിലെന്തോ പുരാഗദ്വേഷാദ വികാരങ്ങളെല്ലാം ഉണ്ട് അത് പ്രകടമായിക്കൊണ്ടിരിക്കണം എവിടെയെങ്കിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം അത് അവനെ സംബന്ധിച്ചിടത്തോളം ദുർജനങ്ങളെന്നോ സജ്ജനങ്ങളൊന്നോ ഇല്ല അവിടെയെല്ലാം അത് പ്രകടിപ്പിച്ചോണ്ടേ ഇപ്പോ ഒരാൾ ഗുഹിക്കാതിരുന്ന് ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ അവൻ അവന്റെ അന്തരാത്മാവിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കാണുന്നവന് പറയാൻ അവനൊരു കള്ളനാണ് എന്ന് പറയുന്നത് അത് കാണുന്നവന്റെ സംസ്കാരമാണ് അവന് പ്രദേശീയമായിട്ടൊന്നുമില്ല ദേഷിക്കത്തക്കതായ വാസ്തവത്തിൽ അവനൊന്നുമില്ല കാരണം പറയുന്നവൻ അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ അവന്റെ അന്തരാത്മാവിനെയാണ് ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവനെ എന്നെ ശ്രദ്ധിക്കുന്നത് പക്ഷേ അവനത് പറയാം കാണുന്ന സ്വാമിയും പറയും കാരണം സ്വാമിക്ക് ദുഃഖിക്കാതിരിക്കാൻ പറ്റുന്നില്ല സ്വാമിക്കെപ്പോഴും പ്രഭാഷണം നടത്തണം ഉപയോഗിക്കാതിരുന്ന അത് പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് സ്വാമി പറയും ഈ ഉപയോഗിക്കാതിരിക്കുന്നതിരുന്ന യാതൊരു അർത്ഥമില്ല വേറൊരു ആൾക്കാരെ പറ്റിക്കാതിരിക്കണം അവനെ അധിക്ഷേപിക്കും എന്തുകൊണ്ട് അസൂയമുണ്ട് അപ്പോ എന്തു വരുന്നു അവിടെ ഒന്നുമില്ലെങ്കിൽ അസൂയുണ്ടെങ്കിലും അവന്റെ ശത്രുപക്ഷത്തിയെന്ന് നിൽക്കും അതാണ് മറ്റൊന്നുമില്ലെങ്കിലും രാഗദ്വേഷങ്ങൾ അവനിൽ നിന്നൊന്നും എടുക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല അങ്ങനെയുള്ള രാഗദ്വേഷങ്ങൾക്കൊന്നുമുള്ളവർ അവസരമില്ല കാരണം അവന് വ്യവഹാരങ്ങളൊന്നുമില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മനസ്സിൽ അസൂയുണ്ടാവും അസൂയുണ്ടാക്കിയിട്ട് എന്തെയ്യും അവനെ നിർത്തും അപ്പൊ അവന്റെ ശത്രുവായി നിൽക്കും അസൂയ ശത്രുവായി നിൽക്കും പക്ഷെ അവൻ എന്താണ് അപ്രദേശ്യം ദേഷിക്കത്തക്കതായി ഒന്നും വാസ്തവത്തിൽ അവനില്ല അതാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപാസകന് ബാഹ്യവുമായി ശത്രു മിത്രങ്ങളില്ലെന്നുള്ളതല്ല ശത്രു മിത്രങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകും പക്ഷെ ഉണ്ടായാലും ശത്രുവിന് ശത്രുതയുള്ളതായ ഒന്നും അവനില്ല എന്നാലും ശത്രു പുറമേ നിൽക്കും അതാണ് മഹാത്മാക്കളെല്ലാം ആൾക്കാരും നിന്ദിക്കുന്നത് ഒരാള് സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ നൂറുപേരെ നിന്ദിക്കും എപ്പോഴും നിന്ദിക്കുന്നവരായിരിക്കും സമൂഹത്തിൽ കൂടുതൽ സജ്ജനങ്ങൾ കുറവും ദുർജനങ്ങൾ കൂടുതലുമാണ് ഒരു കണക്കിന് നല്ലതുമാണ് കാരണം എന്തുകൊണ്ട് ഇല്ലെങ്കിൽ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം മറന്നു സ്വയം മറന്നിട്ട് അതിലഭിമാനിക്കുക സന്തോഷിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ നിന്ദിക്കുന്നവനും കൂടെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കും എന്താണ് ഇതിലൊന്നും കാര്യമൊന്നുമില്ല ഒരുത്തൻ ചുതിക്കുന്നുണ്ടെങ്കിൽ നൂറുപേർ ചീത്ത വിളിക്കുന്നുണ്ട് പിന്നെ ഇതിലെന്താ കാര്യം അപ്പോ സ്തുതിയോട് ആദരവ് തോന്നത്തില്ല പൂജയോട് ആദരവ് വന്നു കിട്ടും അതുകൊണ്ടത് ഈശ്വരന്റെ സൃഷ്ടി തന്നെ ഇതിങ്ങനെ വച്ചിരിക്കുന്നതാണ് കുറെ പേരെ ആരാധിക്കാനും കുറെ പേര് തീത്തു വിളിക്കാനും അതൊരുപക്ഷെ മഹാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ ചെയ്തിരിക്കുന്നൊരു പണിയാണ് അവനെ ഇതിനെ അഭിമാനിക്കാതിരിക്കാനും ഇതിൽ സ്വയം മറന്നുപോകാതിരിക്കാനും ഒക്കെ അതുകൊണ്ട് നിന്ദിക്കുന്നവരെ അതുകൊണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് എന്താണ് സമാനച്ച ഭൗതി അവന് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ശത്രുക്കൾക്ക് അവന് ഉദ്ദേഷിക്കത്തക്കതായില്ല ഒന്നുകൂടെ പറയുന്നു എങ്ങനെ മിത്രപക്ഷ സൈവ അവനെ സ്നേഹിക്കത്തക്കതായിട്ടും പ്രത്യേകിച്ചൊന്നും അവനില്ല മിത്രങ്ങൾ എന്ത് വിചാരിക്കുന്നു തങ്ങൾക്ക് സ്നേഹിക്കത്തക്കതായി എന്തോ അവനുണ്ടെന്ന് അവര് കരുതുന്നു അബദ്ധമാണ് തങ്ങൾക്ക് സ്നേഹിക്കത്തക്കതായി അവിടെയൊന്നുമില്ല എന്തുകൊണ്ട് അവൻ ഇതിൽ അവന്റെ ശ്രദ്ധ സ്വന്തം അന്തരാത്മാവിനും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ഉപാസകനെ കുറിച്ച് പറയുകയാണ് മറ്റൊന്നും ശ്രദ്ധിക്കാൻ അവന് സമയമില്ല അപ്പം അവന്റെ മുമ്പിൽ മിത്രവും ശത്രുവുമില്ല എങ്കിൽ മിത്രത്തിന് സ്നേഹിക്കാനും തന്നെ ഒന്നുമില്ല ശത്രുവിനെ ദേഷ്ടിക്കാനും തന്നെ ഒന്നുമില്ല സ്നേഹിക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേഷിക്കാനും അവിടെ കാണുമെന്നുണ്ടെങ്കിൽ അവനിത് അതീതനായിരിക്കുന്ന ഇത് അവന്റെ ആന്തരികമായ അവസ്ഥ ഇങ്ങനെ ഒരു ആന്തരികമായ അവസ്ഥയിൽ ഉപാസകൻ നിന്നുകഴിഞ്ഞാൽ മാത്രമേ അവന് ചിത്ത ഉണ്ടാകാതിരിക്കൂ ഉപാസകന് തന്നെ ചിത്തവിക്ഷേപം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടും മറ്റുള്ളവരുടെ ദേഷ്യം കൊണ്ടുമാണ് സ്നേഹം കൊണ്ട് ചുറ്റുപാടുകളോട് മമതയുണ്ടാകുന്നു കൂടെ കഴിയുന്നവരുടെ മമതയുണ്ടാകുന്നു ആശ്രമത്തോട് മമതയുണ്ടാകുന്നു ഭക്തന്മാരുടെ മമതയുണ്ടാകുന്നു ആ വഴിക്ക് പോകുന്നു മനസ്സ് അതിന്റെ ഇടയ്ക്ക് തന്നെ പേര് ഉപദ്രവിക്കാൻ വരുന്നു അവരോട് ദേഷ്യം വരുന്നു പരാതികൾ വരുന്നു മനസ് അസ്വസ്ഥമാകുന്നു ഉപാസനതൊന്നും പറഞ്ഞിട്ടുണ്ട് ഉപാസനോകത്ത് വ്യവഹാര മധ്യത്തിൽ ജീവിച്ചാലും ശരി അവന്റെ ഏകാന്തമായ ശ്രദ്ധ അവന്റെ അന്തരാത്മാവിൽ തന്നെയായിരിക്കും അതുകൊണ്ടവൻ തന്റെ അന്തരാത്മാവിന് ഈ ശത്രുക്കളിൽ നിന്നും ഇത്തരങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു എങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവന്റെ ജ്ഞാനത്തെ അവൻ സൂക്ഷിക്കുന്നു ഞാനിക്കതിന്റെ ആവശ്യം ദൈവം കാറ്റടിച്ച് കെട്ടുപോകാതെ സൂക്ഷിക്കുന്നത് പോലെ അവന് തന്റെ അന്തരാത്മാവിനെ അവന് സൂക്ഷിക്കേണ്ടിവരും രണ്ടുപേരിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അതാണ് ഇവിടെ പക്ഷികാലം പറഞ്ഞാൽ മിത്രപക്ഷ്യ മിത്രങ്ങൾ നല്ലവരാണ് അവര് നമുക്ക് ഗുണം ചെയ്യുന്നവരാണ് ശത്രുവിനെ തകർക്കണം അവനെ ആശ്രമത്തിൽ ചാടിക്കണം എന്നാലേ എനിക്ക് സമാപനം വരുത്തുള്ളൂ എന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല മിത്രത്തെ ശത്രുവിനേക്കാൾ അപകടമാണ് മിത്രം അവൻ നശിപ്പിക്കുന്നത് നമ്മൾ അറിയത്തില്ല ശത്രു നശിപ്പിച്ചാൽ നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേ സ്ഥാനമാണ് ഭഗവാൻ ഭാഷകാരം കൊടുത്തിരിക്കുന്നത് മിത്രപക്ഷ ശൈവ ശത്രുപക്ഷാണാം അപേ നമ്മൾ സമദൂര സിദ്ധാന്തം അതാണ് ഇവിടെ പറയുന്നത് സമദൂരത്തിൽ നിൽക്കുന്നു വിത്തരത്തിൽ നിന്ന് നിൽക്കുന്നു ശത്രുക്കളിൽ നിന്ന് നിൽക്കുന്നു അപ്രദേഷ്യ ദേഷ്യമില്ലാതിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഉപാസകന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരാശയത്തെയാണ് ഇവിടെ പറയുന്നത് അതൊന്നുകൂടി പറയുന്നു എന്താണ് അബ്രഹ്മുലേന ഭവതി യം വേദശബ്ദത്തിന് അറിയുക എന്നാണ് പക്ഷെ ഇവിടെ അർത്ഥം എന്താണ് ഉപാസിക്കുക എന്നാണ് ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത് അതിന്റെ ഓരോ ഘട്ടത്തിനും പറയുകയാണ് അവന്റെ കുലത്തിൽ കുലം എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ് പഴയകാലത്ത് കുലം പ്രത്യേകിച്ചും ആധ്യാത്മിക സന്ദർഭങ്ങളിൽ കുലം എന്ന് പറയുന്ന ഗുരുകുലങ്ങളെ കുലത്തിന് മറ്റേവരർത്ഥമുണ്ടോ ആർത്ഥം കൂടെ എടുക്കാം പക്ഷെ വിദ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യയുടെ കുലം എന്ന് പറയുന്ന എന്താണ് ഗുരുകുലം അവന്റെ സമ്പ്രദായം വിദ്യാപരമ്പര അവിടെ ആ ബ്രഹ്മവിത്ത് സംഭവിക്കത്തില്ല ആ സംഭവിക്കാത്ത കൊണ്ടാണ് ഈ വിദ്യാപരമ്പര ഇന്നും തുടങ്ങുന്നിങ്ങനെ പോകുന്നു ഇന്നും നോക്കി വിദ്യ ഗ്രഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ആ കുലത്തിൽ എന്നും ബ്രഹ്മവിത്തുക്കൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആത്മബോധമുള്ളവർ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും അതിനും നാശം വരത്തില്ല ഒരുവൻ ഈ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വിദ്യാപരമ്പരക്ക് നാശം വരുന്നുണ്ട് അതേസമയം അച്ഛൻ ജ്ഞാനിയായതുകൊണ്ട് മകൻ ജ്ഞാനിയായിരിക്കണമെന്നൊന്നുമില്ല ജന്മം കൊണ്ടുള്ള കുലത്തിൽ ഇത് സംഭവിക്കണമെന്നില്ല അവിടെ മറിച്ചൊക്കെ സംഭവിക്കാം പക്ഷെ വിദ്യാകുലത്തിൽ അങ്ങനെ ഗുരുകുലത്തിൽ അങ്ങനെ എന്തുകൊണ്ട് അവിടെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ വിദ്യ എന്നും നിലനിൽക്കും അതുകൊണ്ട് പറയുന്നു അസ്യകുലേ അവന്റെ കുലത്തിൽ ആപാസന്റെ കുലത്തിൽ അബ്രഹ്മവിത്ത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഏവം വേദ ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ആർക്കാണോ ഈ ജ്ഞാനസന്തതി പ്രാപ്തമായിരിക്കുന്നത് ഈ ചിത്തസ്ഥൈര്യം പ്രജ്ഞാസ്ഥൈര്യം അതാർക്കാണോ പ്രാപ്തമാകുന്നത് അവന്റെ യത്നത്തിലൂടെ അവനൊരിക്കലും അവന് സ്വയം ഒരിക്കലും ഇത് നഷ്ടപ്പെടുന്നില്ല അവന്റെ പരമ്പരയിലും ഇത് നഷ്ടപ്പെടുന്നില്ല ഇത് പ്രചരിച്ചു കൊണ്ടുതന്നെ ഇരിക്കും എന്ന് ആ ഉപാസനയുടെ മഹത്വത്തെ സ്തുതിച്ചുകൂടെ പറയുകയാണ് അതിന്റെയും അക്ഷരാർത്ഥത്തെ എടുക്കരുത് എന്നാണ് പറയുന്നത് അത് മുമ്പും അത് അതുപോലെ തന്നെ പറഞ്ഞു സ്വപ്നസ്ഥനത്തൈജസ ഉോ ദ്യാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷരിഹ വൈ ജ്ഞാനസന്ധതി സമാനശ്ചോതി നമ്മവിത് യംവേദ